വാതിൽക്കാവൽക്കാരുടെ കൂറുകളോ കോരഹിയർ ആസാഫിന്റെ പുത്രന്മാരിൽ കോരയുടെ മകനായ മെല്യമ്യാവ് മെസല്യമ്യാവിന്റെ പുത്രന്മാർ സെഖരിയാവ് ആദ്യജാതൻ യദിയയേൽ രണ്ടാമൻ സെബ്യാവ് മൂന്നാമൻ യജ്ഞിയേൽ നാലാമൻ ഏലാം അഞ്ചാമൻ യഹോഹാനാൻ ആറാമൻ എല്യോഹോവേനായി ഏഴാമൻ ഓപേദത്തോമിന്റെ പുത്രന്മാർ ശമയ്യാവ് ആദ്യജാതൻ യഹോഷാബാദ് രണ്ടാമൻ യോവാഹ് മൂന്നാമൻ സാഖാർ നാലാമൻ നഥനയൽ അഞ്ചാമൻ അമ്മിയേൽ ആറാമൻ ഇസാഖാർ ഏഴാമൻ പെയ്യൂല്ലായി എട്ടാമൻ ദൈവമവനെ അനുഗ്രഹിച്ചിരുന്നു അവന്റെ മകനായ ശെമയ്യാവിനും പുത്രന്മാർ ജനിച്ചിരുന്നു അവർ പരാക്രമശാലികളായിരുന്നതുകൊണ്ട് തങ്ങളുടെ പൃദർഭവനത്തിന് പ്രമാണികളായിരുന്നു ശെമയ്യാവിന്റെ പുത്രന്മാർ ഒത്നി രഫായൽ ഓബേദ് എൽസാബാദ് അവന്റെ സഹോദരന്മാർ പ്രാപ്തന്മാരായിരുന്നു എലിഹു സെമഖ്യാവു ഇവരെല്ലാവരും ഓബേ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു ഇങ്ങനെ ഓബെ ദേദോമിനുള്ളവർ അറുപത്തിരണ്ടുപേർ മെശല്യമ്യാവിന് പ്രാപ്തന്മാരായ പുത്രന്മാരും സഹോദരന്മാരും പതിനെട്ട് പേർ മെരാരി പുത്രന്മാരിൽ ഓസെക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നു ഷിമറി തലവൻ ഇവൻ ആദ്യ ജാതനല്ലെങ്കിലും അവന്റെ അപ്പൻ അവനെ തലവനാക്കി ഹിൽകിയാവ് രണ്ടാമൻ തെബല്യാവ് മൂന്നാമൻ സെഖരിയാവോ നാലാമൻ ഹോസയുടെ പുത്രന്മാരും സഹോദരന്മാരും എല്ലാം കൂടി പതിമൂന്ന് പേർ വാതിൽക്കാവൽക്കാരുടെ ഈ കൂറുകൾക്ക് അവരുടെ തലവന്മാർക്ക് തന്നെ യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങളുടെ സഹോദരന്മാർക്കെന്ന പോലെ ഉദ്യോഗങ്ങൾ ഉണ്ടായിരുന്നു അവർ ചെറിയവനും വലിയവനും ഒരുപോലെ പിദർഭവനം പ്രതിർഭവനമായി അതത് വാതിലിന് ചീട്ടിട്ടു കിഴക്കേവാതിലിന്റെ ചീട്ട് സെലമ്യാവിന് വന്നു പിന്നെ അവർ അവന്റെ മകനായി വിവേകമുള്ള ആലോചനക്കാരനായ സെഖരിയാവിനുവേണ്ടി ചീട്ടിട്ടു അവന്റെ ചീട്ട് വടക്കേവാതിലിന് വന്നു തെക്കേവാതിലിന്റേത് ഓബെ ദേതോമിനും പാണ്ഡികശാലയുടേത് അവന്റെ പുത്രന്മാർക്കും കയറ്റമുള്ള പെരുവഴിക്കൽ ശല്ലേഖ പടിവാതിലിനരികെ പടിഞ്ഞാറെ വാതിലിന്റേത് ശുപ്പീമിനും പോസയ്ക്കും വന്നു ഇങ്ങനെ കാവലിനരികെ കാവലുണ്ടായിരുന്നു കിഴക്കേവാതുക്കൽ ആറ് ലേവിലും വടക്കേവാതുക്കൽ നാളൊന്നിന് നാല് പേരും തെക്കേവാതുക്കൽ നാളൊന്നിന് നാല് പേരും പാണ്ഡികശാലയ്ക്കൽ ഈരണ്ട് പേരും ഉണ്ടായിരുന്നു പർബാരിന് പടിഞ്ഞാറ് പെരുവഴിയിൽ നാല് പർബാരിൽ തന്നെ രണ്ടുപേരും ഉണ്ടായിരുന്നു കോരഹിരിലും മെരാരരിലുമുള്ള വാതിൽക്കാവൽക്കാരുടെ കൂറുകൾ ഇവ തന്നെ അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദൈവാലയത്തിലെ ഭണ്ണാരത്തിനും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ണാരത്തിനും മേൽവിചാരകരായിരുന്നു ലയേതാന്റെ പുത്രന്മാർ ലയദാന്റെ കുടുംബത്തിലുള്ള ഗർഷൂന്യരുടെ പുത്രന്മാർ ഗർഷൂന്യനായ ലയേതാന്റെ പ്രതിർഭവനത്തലവന്മാർ ിയർ ആയിരുന്നു യഹിയേലിന്റെ പുത്രന്മാർ സേതാം അവന്റെ സഹോദരൻ യോവേൽ ഇവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരത്തിന് മേൽവിചാരകരായിരുന്നു അമ്രാമീർ ഇസ്ഹാരിയർ ഹെബ്രോന്യർ ഉസിയേലിയർ എന്നിവരോ മോഷയുടെ മകനായ ഗർഷോമിന്റെ മകൻ ഷെബുവേൽ ഭണ്ണാരത്തിന് മേൽവിചാരകനായിരുന്നു എലിയേസറിൽ നിന്ന് ഉത്ഭവിച്ച അവന്റെ സഹോദരന്മാരോ അവന്റെ മകൻ രഹബ്യാവോ അവന്റെ മകൻ യശയ്യാവോ അവന്റെ മകൻ യോര അവന്റെ മകൻ സിക്രി അവന്റെ മകൻ ഷെലോമീത്ത് ഗാവിദരാജാവും പുതിർഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സേനാപതിമാരും നിവേദിച്ച വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ണാരത്തിനും ഷെലോമീത്തും അവന്റെ സഹോദരന്മാരും മേൽവിചാരകരായിരുന്നു യുദ്ധത്തിൽ കിട്ടിയ കൊള്ളയിൽ നിന്ന് യഹോവയുടെ ആലയം കേടുപോക്കുവാൻ അവർ അവയെ നിവേദിച്ചിരുന്നു ദർശകനായ ശമുവേലും കീശന്റെ മകൻ ശൌലും നേരിന്റെ മകൻ അബ്നേരും സെരൂയയുടെ മകൻ യോവാബും നിവേദിച്ച സകല നിവേദിത വസ്തുക്കളും ഷെലോമീത്തിന്റെയും അവന്റെ സഹോദരന്മാരുടെയും വിചാരണയിൽ വന്നു ഇസ്ഹാരിൽ കെനന്യാവും അവന്റെ പുത്രന്മാരും പുറമെയുള്ള പ്രവൃത്തിക്ക് ഇസ്രയേലിൽ പ്രമാണികളും ന്യായാധിപന്മാരും ആയിരുന്നു ഹെബ്രോയിന്യരിൽ ഹഷബ്യാവും അവന്റെ സഹോദരന്മാരുമായി ആയിരത്തി എഴുന്നൂറ് പ്രാപ്തന്മാർ യോർദാനിക്കരെ പടിഞ്ഞാറ് യഹോവയുടെ സകല കാര്യത്തിനും രാജാവിന്റെ ശുശ്രൂഷയ്ക്കും ഇസ്രയേലിൽ മേൽവിചാരകരായിരുന്നു ഹെബ്രോയിന്യരിൽ കുലംകുലമായും കുടുംബം കുടുംബമായുമുള്ള ഹെബ്രോന്യർക്ക് യരിയാവ് തലവനായിരുന്നു ദാവീദിന്റെ വാഴ്ചയുടെ നാൽപ്പതാം ആണ്ടിൽ അവരുടെ വസ്തുത അന്വേഷിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഗിലയാദിലെ പ്രാപ്തന്മാരെ കണ്ടു അവന്റെ സഹോദരന്മാരായി പ്രാപ്തന്മാരും പിതൃഭവന തലവന്മാരുമായി രണ്ടായിരത്തി എഴുന്നൂറ് പേരുണ്ടായിരുന്നു അവരെ ദാവിദ് രാജാവ് ദൈവത്തിന്റെ സകല കാര്യത്തിനും രാജാവിന്റെ കാര്യാദികൾക്കും രൂപേന്യർ ഗാദ്യർ മനശയുടെ പാതിഗോത്രം എന്നിവർക്ക് മേൽവിചാരകരാക്കി വച്ചു